അധ്യായം ആറ് എന്നാൽ എരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു ആരും പുറത്തിറങ്ങിയില്ല അകത്ത് കയറിയതുമില്ല യഹോവ യോശുവയോട് കൽപ്പിച്ചത് ഞാൻ എരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ൽപ്പിച്ചിരിക്കുന്നു നിങ്ങളിൽ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം ഇങ്ങനെ ആറു ദിവസം ചെയ്യണം ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള ഏഴ് കാഹളം പിടിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കണം ഏഴാം ദിവസം ഏഴ് പ്രാവശ്യം പട്ടണത്തെ ചുറ്റുകയും പുരോഹിതന്മാർ കാഹളമൂതുകയും വേണം അവർ ആട്ടിൻ കൊമ്പ് നീട്ടിയൂതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടണം അപ്പോൾ പട്ടണമതിൽ വീഴും ജനം ഓരോരുത്തൻ നേരെ കയറുകയും വേണം നൂൻറെ മകനായ യോശുവ പുരോഹിതന്മാരെ വിളിച്ച് അവരോട് നിയമപ്പെട്ടകം എടുപ്പി ഏഴു പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിനു മുമ്പിൽ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള ഏഴ് കാഹളം പിടിച്ചുകൊണ്ട് നടക്കണമെന്ന് പറഞ്ഞു ജനത്തോടവൻ നിങ്ങൾ ചെന്ന് പട്ടണത്തെ ചുറ്റിനടപ്പി ആയുധപാണികൾ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ നടക്കണമെന്ന് പറഞ്ഞു യോശുവ ജനത്തോട് പറഞ്ഞു തീർന്നപ്പോൾ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള ഏഴ് കാഹളം പിടിച്ചുകൊണ്ട് ഏഴ് പുരോഹിതന്മാർ യഹോവയുടെ മുമ്പിൽ നടന്ന കാഹളമൂതി യഹോവയുടെ നിയമപ്പെട്ടകം അവരുടെ പിന്നാലെ ചെന്നു ആയുധപാണികൾ കാഹളമൂതുന്ന പുരോഹിതന്മാരുടെ മുമ്പിൽ നടന്നു ശേഷമുള്ള കൂട്ടം പെട്ടകത്തിന്റെ പിന്നാലെ ചെന്നു ഇങ്ങനെ അവർ കാഹളമൂതിക്കൊണ്ട് നടന്നു യോശുവ ജനത്തോട് ആർപ്പിടുവിനെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത് ഒച്ച കേൾപ്പിക്കരുത് വായിൽ നിന്ന് ഒരു വാക്കും പുറപ്പെടുകയും അരുത് അതിന്റെ ശേഷം ആർപ്പിടാം എന്ന് കൽപ്പിച്ചു അങ്ങനെ യഹോവിയുടെ പെട്ടകം ഒരു പ്രാവശ്യം പട്ടണത്തെ ചുറ്റിനടന്നു പിന്നെ അവർ പാളയത്തിലേക്ക് വന്ന് പാളയത്തിൽ പാർത്തു യോശുവ അതികാലത്തെ എഴുന്നേറ്റു പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകം എടുത്തു ഏഴ് പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള ഏഴ് കാഹളം പിടിച്ച് കാഹളമൂതിക്കൊണ്ട് നടന്നു ആയുധപാണികൾ അവരുടെ മുമ്പിൽ നടന്നു ശേഷമുള്ള കൂട്ടം യഹോവയുടെ പെട്ടകത്തിന്റെ പിന്നാലെ നടന്നു ഇങ്ങനെ അവർ കാഹളമൂതിക്കൊണ്ട് നടന്നു രണ്ടാം ദിവസവും അവർ പട്ടണത്തെ ഒരു പ്രാവശ്യം ചുറ്റിയിട്ട് പാളയത്തിലേക്ക് പോന്നു ഇങ്ങനെ അവർ ആറു ദിവസം ചെയ്തു ഏഴാം ദിവസമോ അവർ അധികാലത്ത് അരുണോദയത്തിങ്കൽ എഴുന്നേറ്റ് പട്ടണത്തെ ആ തന്നെ ഏഴു പ്രാവശ്യം ചുറ്റി അന്നു മാത്രം അവർ പട്ടണത്തെ ഏഴു പ്രാവശ്യം ചുറ്റി ഏഴാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളമൂതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞത് എന്തെന്നാൽ ആർപിടുവിൻ യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശവദാർപ്പിതമായിരിക്കുന്നു എങ്കിലും രാഹവ് എന്ന വേശ്യ നാമയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളോടുകൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോടിരിക്കട്ടെ എന്നാൽ നിങ്ങൾ ശപഥം ചെയ്തിരിക്കെ ശപദാർപ്പിതത്തിൽ വല്ലതും എടുത്തിട്ട് ഇസ്രയേൽ പാളയത്തിന് ശാപവും അനർത്ഥവും വരുത്താതിരിക്കേണ്ടതിന് ശപദാർപ്പിതമായ വസ്തുവൊന്നും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളി വെള്ളിയും പൊന്നും ഒക്കെയും ചെമ്പും ഇരുമ്പും കൊണ്ടുള്ള പാത്രങ്ങളും യഹോവയ്ക്ക് വിശുദ്ധം അവ യഹോവയുടെ ഭണ്ണാരത്തിൽ ചേരണം അനന്തരം ജനമാർപ്പിടുകയും പുരോഹിതന്മാർ കാഹളമൂതുകയും ചെയ്തു ജനം കാഹളനാഥം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു ജനമോരോരുത്തൻ നേരെ മുമ്പോട്ട് പട്ടണത്തിലേക്ക് കടന്ന് പട്ടണം പിടിച്ചു പുരുഷൻ സ്ത്രീ ബാലൻ വൃദ്ധൻ ആട് മാട് കഴുത എന്നിങ്ങനെ പട്ടണത്തിലുള്ള സകലത്തെയും അവർ വാളിന്റെ വായ്ത്തലയാൽ അശേഷം എന്നാൽ രാജ്യത്തെ ഒറ്റുനോക്കിയ രണ്ട് പുരുഷന്മാരോട് യോശുവേശ്യയുടെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് ആ സ്ത്രീയെയും അവൾക്കുള്ള സകലത്തെയും നിങ്ങൾ അവളോട് സത്യം ചെയ്തതുപോലെ പുറത്തു കൊണ്ടുവരുവീൻ എന്നു പറഞ്ഞു അങ്ങനെ ഒറ്റുകാരായിരുന്ന ൗവനക്കാർ ചെന്ന് രാഹാബിനെയും അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും അവൾക്കുള്ള സകലത്തെയും പുറത്ത് കൊണ്ടുവന്നു അവളുടെ എല്ലാ ചാർച്ചക്കാരെയും പുറത്തു കൊണ്ടുവന്ന് ഇസ്രയേൽ പാളയത്തിന് പുറത്ത് പർപ്പിച്ചു പിന്നെ അവർ പട്ടണവും അതിലുള്ളതൊക്കെയും തീ വച്ച് ചുട്ടിക്കളഞ്ഞു എന്നാൽ വെള്ളിയും പൊന്നും ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള പാത്രങ്ങളും അവർ യഹോവയുടെ ആലയത്തിലെ ഭണ്ണാരത്തിൽ വെച്ചു എരിഹോവിനെ ഒറ്റുനോക്കുവാനയച്ച ദൂതന്മാരെ രാഹാബ് എന്ന വേശ്യ ഒളിപ്പിച്ചതുകൊണ്ട് യോശുവ അവളെയും അവളുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ചു അവൾ ഇന്നുവരെയും േലിൽ പാർക്കുന്നു അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു ഈ യരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുമ്പാകെ ശപിക്കപ്പെട്ടവൻ അവൻ അതിന്റെ അടിസ്ഥാനമിടുമ്പോൾ അവന്റെ മൂത്ത മകൻ അതിന്റെ കഥക തൊടുക്കുമ്പോൾ ഇളയ മകനും നഷ്ടമാകും പറഞ്ഞു അങ്ങനെ യഹോവ യോശുവയുടെ കൂടെ ഉണ്ടായിരുന്നു അവന്റെ കീർത്തി ദേശത്ത് എല്ലായിടവും പരന്നു